ഇസ്രയേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദയെ അവരുടെ അകൃത്യനിമിത്തം ബദ്ധരാക്കി ബാബലിലേക്ക് കൊണ്ടുപോയി അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലുമുണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രയേലിലും പുരോഹിതന്മാരും ലേവ്യരും യദാസന്മാരും ആയിരുന്നു എരുഷലേമിലോ ചില യഹൂദ്യരും ബന്യാമീന്നരും യഫ്രയിമ്യരും മനശേരും പാർത്തു അവരാരെന്നാൽ യഹൂദയുടെ മകനായ പേരസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രയുടെ മകനായ ഒമ്രയുടെ മകനായ അമ്മിഹൂദിന്റെ മകൻ ഊഥായി ഷീലോന്യരിൽ ആദ്യജാതനായ അസായാവും അവന്റെ പുത്രന്മാരും സേരഹിന്റെ പുത്രന്മാരിൽ യേലും അവരുടെ സഹോദരന്മാരുമായ അറുനൂറ്റി തൊണ്ണൂറ് പേരും ബെന്യാമീൻ പുത്രന്മാരിൽ ഹസൈനുവയുടെ മകനായ ഹോദവ്യാവിന്റെ മകനായി മിഷുല്ലാമിന്റെ മകനായ സല്ലുവും യരോഹാമിന്റെ മകനായ ഇബ്നയാവും മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏലയും ഇബ്നയാവിന്റെ മകനായ രയൂവേലിന്റെ മകനായ ഷഫത്യാവിന്റെ മകൻ മെഷുല്ലാമും തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ തൊള്ളായിരത്തി അൻപത്തി ആറു പേരും ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു പുരോഹിതന്മാരിൽ യദയാവും യഹോയാരീബും യാഖീനും അഹീത്തൂബിന്റെ മകനായ മെരായൂത്തിന്റെ മകനായ സാദൂക്കിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ ഹിൽകയാവിന്റെ മകനായി ദൈവാലയാധിപനായ അസരിയാവും മൽക്കിയാവിന്റെ മകനായ പശൂരിന്റെ മകനായ യരോഹാമിന്റെ മകൻ അദായാവും ഇമ്മോറിന്റെ മകനായ മിഷില്ലേമിത്തിന്റെ മകനായ മിഷുല്ലാമിന്റെ മകനായ യഹസേറയുടെ മകനായ അദിയേലിന്റെ മകൻ മയശായിയും പ്രതിർഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരും ആകെ ആയിരത്തി പേർ ഇവർ ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാർ ആയിരുന്നു ലേവിയരിലോ മെരാരീരിൽ ഹസബ്യാവിന്റെ മകനായ അസ്രീഖാമിന്റെ മകനായ ഹഷൂബിന്റെ മകനായ ഷമയ്യാവും ബക്ബക്കരും ഹേറഷും ഗാലാലും ആസാഫിന്റെ മകനായ സിക്രിയുടെ മകനായ മീഖയുടെ മകൻ മഥന്യാവും യദൂഥുവിന്റെ മകനായ ഗാലാലിന്റെ മകനായ മയ്യാവിന്റെ മകൻ ഒബദ്ധ്യാവും നെതോഫാത്തിയറുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽക്കാനയുടെ മകനായ ആസയുടെ മകൻ ബെരഖ്യാവുംക്കാർ ഷല്ലൂമും അക്കൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും ഷല്ലൂമും തലവനായിരുന്നു ലേവ്യപാളയത്തിൽ വാതിൽക്കാവൽക്കാരായ ഇവർ കിഴക്കുവശത്ത് രാജപടിവാതുക്കൽ െയ്തുവരുന്നു കോരഹിന്റെ മകനായ എബ്യാസാഫിന്റെ മകനായ കോരയുടെ മകൻ ഷല്ലൂമും അവന്റെ പുതിർഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹ്യരും കൂടാരത്തിന്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിന് മേൽവിചാരകന്മാരായി പ്രവേശന പാലകരായിരുന്നു എലയാസാറിന്റെ മകനായ ഫിനഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു യഹോവ അവനോടു കൂടെ ഉണ്ടായിരുന്നു മെസേല്യമാവിന്റെ മകനായ സെഖരിയാവോ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ കാവൽക്കാരനായിരുന്നു ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി ചാർത്തപ്പെട്ടിരുന്നു ദാവീദും ദർശകനായ ശമുവേലുമായിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത് ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കുടാരനിവാസമായ യഹോവ അലയത്തിന്റെ വാതിലുകൾക്ക് കാവൽമുറപ്രകാരം കാവൽക്കാരായിരുന്നു കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ നാലു വശത്തും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ ഏഴാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടെ ായിരുന്നു വാതിൽകാവൽക്കാരിൽ പ്രധാനികളായ ഈ നാല് ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി ദൈവാലയത്തിലെ അറകൾക്കും ഭണ്ണാരത്തിനും മേൽവിചാരം നടത്തി കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദേവാലയത്തിന്റെ ചുറ്റും രാപ്പാർത്തുവന്നു അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണ അവയെ എണ്ണിട്ട് അകത്തു കൊണ്ടുപോകുകയും പുറത്തുകൊണ്ടുവരികയും ചെയ്യും അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകലവിശുദ്ധ പാത്രങ്ങൾക്കും മാവ് വീഞ്ഞ് കുന്തുരുക്കം സുഗന്ധവർഗ്ഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു പുരോഹിത ചിലർ സുഗന്ധ തൈലം ഉണ്ടാക്കും ലേവിരിലൊരുത്തനായി കോരഹ്യനായ ഷെല്ലൂമിന്റെ ആദ്യജാതൻ മധിത്യവിന് ചട്ടികളിൽ ചുറ്റുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു ഗെഹാത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശബത്തുതോറും കാഴ്ചയപ്പം ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു ലേവിയരുടെ ഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർട്ടി അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു ഈ പ്രധാനികൾ ലേവ്യരുടെ പ്രതിഭവനങ്ങൾക്ക് തലമുറ തലമുറയായിരുന്നു അവർ യെരുസലമിൽ പാർത്തുവന്നു ഗിബയോനിൽ ഗിബയോന്റെ പിതാവായും അവന്റെ ഭാര്യയ്ക്ക് മയക്ക എന്നു പേർ അവന്റെ മൂത്തമകൻ അബ്ദോൻ സൂർ കീസ് ബാൽ നേർ നാദാബ് ഗദോർ അഹിയോ സെക്കരിയാവ് മിക്ലോദ് എന്നിവരും മിക്ലോദ് സിമേയാമിനെ ജനിപ്പിച്ചു അവർ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരുസലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു ജനിപ്പിച്ചു കീശ് ശൌലിനെ ജനിപ്പിച്ചു യോനാഥാനേയും മൽകിഷുവേയും അഭിനാതാവിനെയും യേശ്ബാലിനെയും ജനിപ്പിച്ചു യോനാഥാന്റെ മകൻ മെരിബാൽ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു മീഖയുടെ പുത്രന്മാർ പീഥോൻ മേല തഹ്റയ ആഹാസ് ആഹാസ് അലേമത്തിനെയും അസ്മാവത്തിനെയും മോസ ബിനയെ ജനിപ്പിച്ചു അവന്റെ മകൻ റെഫയവ് അവന്റെ മകൻ എലാസ അവന്റെ മകൻ ആസേൽ ആസേലിന് ആറു മക്കൾ ഉണ്ടായിരുന്നു അവരുടെ പേരുകൾ അസ്രീകാം ബെക്രു ഇസ്മയേൽ ഷെരിയാവ് ഒബാദ്യാവ് ഹാനാൻ ഇവർ ആസേലിന്റെ മക്കളുണ്ട്